അതിന്റെ ശേഷം ഭൂമി അവകാശ ഇൻഹെറിറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് ബോധ്യപ്പെട്ടില്ലേ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ പാപങ്ങൾ കാരണം അവരെ നാം പിടികൂടുമായിരുന്നുവെന്ന് അവരുടെ ഹൃദയങ്ങളിൽ നാം മുദ്രവയ്ക്കും അങ്ങനെ അവർ കേൾക്കുകയില്ല